ധ്യായം നാല് അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും ജാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും അനേക വംശങ്ങളും ചെന്ന് വരുവീൻ നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്കും കയറിച്ചെല്ലാം അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും സിയോനിൽ നിന്ന് ഉപദേശവും എരുശിലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും അവൻ അനേക ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് ദൂരത്തോളം വിധി കൽപ്പിക്കുകയും ചെയ്യും അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചുതീർക്കും ജാതി ജാതിക്കു നേരെ വാൾ ഓങ്ങുകയില്ല അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല അവർ ഓരോരുത്തൻ താൻ താൻ്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന്റെ കീഴിലും പാർക്കും ആരും അവരെ ഭയപ്പെടുത്തുകയില്ല സൈന്യങ്ങളുടെ ഹോവയുടെ വായ അത് അരുളി ചെയ്തിരിക്കുന്നു സകല ജാതികളും താന്തങ്ങളുടെ ദേവന്മാരുടെ നാമത്തിൽ നടക്കുന്നുവല്ലോ നാമോ നമ്മുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ നിന്നും എന്നേക്കും നടക്കും അന്നാളിൽ മുടന്തി നടക്കുന്നതിനെ ഞാൻ ചേർത്തുകൊള്ളുകയും ചിതറിപ്പോയതിനെയും ഞാൻ ക്ലേശിപ്പിച്ചതിനെയും ശേഖരിക്കുകയും മുടന്തി നടക്കുന്നതിനെ ശേഷിപ്പിക്കുകയും അകന്നുപോയതിനെ മഹാജാതിയാക്കുകയും യഹോവ സിയോൻ പർവ്വതത്തിൽ ഇന്നുമുതൽ എന്നേക്കും അവർക്ക് രാജാവായിരിക്കുകയും ചെയ്യും എന്ന് യഹോവിയുടെ അരുളപ്പാട് നീയോ ഏതർ ഗോപുരമേ സിയോൻ പുത്രിയുടെ ഗിരിയെ നിനക്ക് വരുവൻ പൂർവാധിപത്യം എരുസലേം പുത്രിയുടെ രാജത്വം തന്നെ നിനക്ക് വരുവൻ നീ ഇപ്പോൾ ഇത്ര ഉറക്കെ നിലവിളിക്കുന്നത് എന്തിന് നിന്റെ അകത്ത് രാജാവില്ലയോ നിന്റെ മന്ത്രി നശിച്ചുപോയോ ഈറ്റുനോവ് കിട്ടിയവളെപ്പോലെ നിനക്ക് വേദന പിടിപ്പാൻ എന്ത് സിയോൻ പുത്രിയെ ഈറ്റുനോവ് കിട്ടിയവളെപ്പോലെ വേദനപ്പെട്ട് പ്രസവിക്കാം ഇപ്പോൾ നീ നഗരം വിട്ട് വയലിൽ പാർത്ത് ബാബേലിലേക്ക് പോകേണ്ടി അവിടെ വെച്ച് നീ വിടുവിക്കപ്പെടും അവിടെ വെച്ച് യഹോവൻ നിന്നെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഉദ്ധരിക്കും ഞങ്ങളുടെ കണ്ണ് സിയോനെ കണ്ട് രസിക്കേണ്ടതിന് അവൾ മലിനയായി തീരട്ടെ എന്ന് പറയുന്ന അനേക ജാതികൾ ഇപ്പോൾ നിനക്കുവിരോധമായി കൂടിയിരിക്കുന്നു എന്നാൽ അവർ യഹോവിയുടെ വിചാരങ്ങൾ അറിയുന്നില്ല അവന്റെ ആലോചന ഗ്രഹിക്കുന്നതുമില്ല കറ്റകളെപ്പോലെ അവൻ അവരെ കളത്തിൽ കൂട്ടുമല്ലോ സിയോൻ പുത്രിയെ എഴുന്നേറ്റ് മെതിക്കുക ഞാൻ നിന്റെ കൊമ്പിനെ ഇരുമ്പും നിന്റെ കുളമ്പുകളെ താമ്രവും ആക്കും നീ അനേക ജാതികളെ തകർത്തുകളും അവരുടെ ലാഭം യഹോവയ്ക്കും അവരുടെ സമ്പത്ത് സർവഭൂമിയുടെയും കർത്താവിനും നിവേദിക്കുകയും ചെയ്യും